അള്ളാഹു സുബഹാനുഹുവറ്റാല അനുഗ്രഹിക്കുകയും താങ്കൾ അനുഗ്രഹിക്കുകയും ചെയ്ത ഒരാളോട് നിന്റെ ഭാര്യയെ നിന്റെ അടുക്കൽ തന്നെ നിർത്തുക അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് താങ്കൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക അള്ളാഹു സുബഹാനുഹുവത്ത അല വെളിപ്പെടുത്താനിരുന്ന കാര്യം താങ്കൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുകയും ജനങ്ങളെ ഭയപ്പെടുകയും ചെയ്തു എന്നാൽ ജനങ്ങളെക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് അള്ളാഹു സുബഹാനുഹുവത്ത അലയെയാണ് ജെയ്ദലഹിസ്സലാം അവളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചപ്പോൾ ഞങ്ങളവളെ താങ്കൾക്ക് വിവാഹം ചെയ്തു നൽകി ദത്തുപുത്രന്മാരുടെ ഭാര്യമാരുമായി ബന്ധം അവസാനിച്ചാൽ അവരെ വിവാഹം കഴിക്കുന്നതിൽ സത്യവിശ്വാസികൾക്ക് പ്രയാസമുണ്ടാകരുത് എന്നതിനാലാണിത് അള്ളാഹു സുബാനുഭവ താലയുടെ വിധി നടപ്പിലാക്കപ്പെടുന്നതാണ്